കർമ്മഫല ഹേതുർഭൂ മാ സന്തോഷ്ടെ നിനുക്ക് അധികാരവും നിങ്ങളുടെ കർമ്മം എന്നുള്ളതിനം പറഞ്ഞത് നിത്യ നിയമിക്കുന്നു കർമ്മി എന്നു വൈകിയ കർമ്മങ്ങളേ നമ്മൾ പറയും അതിൽ മോക്ഷമായി നിനക്ക് കർമ്മത്തിന് അധികാരമുള്ള പല ധനങ്ങളിൽ അധികാരമില്ല ഭാഷത്തിൽ പറയുന്നത് സഫലസി ഗന്ധരൂപത്വാൻ ഫലരേതസി കേലസി മതാരാധനാരൂപസിമോക്ഷേത്വ അതിന്റെ വ്യാഖ്യാനം ഞാൻ വായിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വീരലെ പ്രധാനപ്പെട്ട പദ്യങ്ങളൊന്നാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നത് ബന്ധരൂപ്യ സഫലസ്യ കർമ്മ ഫലത്തോടുകൂടിയ കർമ്മം ബന്ധരൂപത്തിലുള്ളതാണ് ഫലരഹിത കേവലസ് ഫലമില്ലാത്ത കർമ്മം അതാണ് കേവല കർമ്മം അത് ആരാധനാരൂപസ് അത് ഈശ്വര ആരാധനാരൂപത്തിലാണെങ്കിൽ ീശ്വരന് സമർപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ് ഈശ്വര ആരാധന കാമത്തെ ഈശ്വരന് സമർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പം അതാണ് മതാരാധന കാരണം ഈശ്വരന്റെ ആരാധനയിൽ മോക്ഷത്തിന് കാരണം കൈവലസ്യ ഫലരാഹിത്യം മാത്രം അവിടെ കേവലം എന്ന് പറഞ്ഞാൽ ഫലാഭാവം എന്ന് മാത്രം അർത്ഥം കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് വിശദീകരിക്കും ഫലരഹിത ഫലരഹിത എന്ന് പറയുമ്പോ ഫലരഹിത സി കർമ്മം എന്നു ഫലരഹിതമായിരിക്കുന്ന കർമ്മം എന്നുള്ള അടുത്ത് പറഞ്ഞു ഫലരഹിതമായ കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലാ ഫലാഭാവത്തെക്കുറിച്ചല്ല ഫലരാഹിത്യെന്ന് വെച്ചാൽ ഫലാഭാവം അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഫലം ഇല്ലാത്ത കർമ്മത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതോ ഫലാഭാവം അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അഭാവമല്ല പക്ഷെ ഇവിടെ എന്താ ദേശീയർ വളരെ സൂക്ഷ്മമായി ഓരോ വാക്കിന്റെയും സൂക്ഷ്മമായ അർത്ഥത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഭാഷയിൽ നിന്ന് എത്ര സൂക്ഷ്മമായി അർത്ഥത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പൊ ഭാഷയിൽ നിന്നങ്ങനെ സൂക്ഷ്മമായ അർത്ഥത്തെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം വ്യാകരണം അതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എന്താ വ്യാകരണ പാണ്ഡിത്യം ഉപയോഗിച്ചിട്ടാണ് ഈ സൂക്ഷ്മമായ അർത്ഥത്തെ എന്തല്ല കേവലം ഭാവനയല്ല നമ്മള് മതപ്രഭാഷണം നടത്തുമ്പോൾ ശ്ലോകം പറയുക പിന്നെ നമ്മുടെ വായി തോന്നിയത് പറയും അങ്ങനെ ഉണ്ടല്ലോ പറയുന്നതിന് വാക്യങ്ങളുമായിട്ടൊരു ബന്ധം കൂടെ വേണം ഈ വാക്കുകളുമായിട്ടും വാക്യങ്ങളും അപ്പൊ അതിന് പ്രധാനമായിട്ടും അവിടെ ആശ്രയിക്കുന്നത് വ്യാകരണ ജ്ഞാനത്തെ തന്നെയാണ് അതാണ് അങ്ങനെ പറയുന്നത് പിന്നെ രണ്ടാമു വരുന്നത് മറ്റ് മീമമാംസ അന്യായങ്ങൾ ഈ എല്ലാ വിഷയങ്ങളിലും അഗാധമായ ജ്ഞാനമുള്ള ഒരാളിന് മാത്രമേ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റൂ അതുകൊണ്ട് വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പ്രയോജനമുള്ളതാണ് ും ഫലരഹിതം എന്നും പറയുന്നതിനുള്ള ആ വ്യത്യാസം ഫലമില്ലായ്മ അതൊരഭാവം മാത്രമാണ് ഫലരഹിതം എന്ന് പറയുമ്പോ മറ്റൊന്നാണ് മറ്റൊന്നിന്റെ വിശേഷണമാണ് കർമ്മത്തെ കുറിച്ച് പറയുകയാ മറിച്ച് എന്താണ് സ്വരൂപദേവ പ്രയോജനപര പരം കർമ്മം കർമ്മം എന്നുള്ള നിലയ്ക്ക് അതിന് സ്വരൂപം എന്നുണ്ട് കർമ്മ സ്വരൂപം എന്താ അതിന്റെ പ്രയോജനം കർമ്മത്തെ ഈശ്വരനെ അർപ്പിക്കുക അത് അങ്ങനെ വിശേഷിച്ച് പറയാൻ കാരണം കാരണം കർമ്മത്തെ നിഷേധിക്കുന്നില്ല കർമ്മം ചെയ്യണം പ്രവൃത്തി വേണം ആ പ്രവൃത്തി സ്വയം തന്നെ ഈശ്വരനെ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന് പ്രയോജനമുണ്ട് അപ്പൊ അതിന് വിശേഷിച്ച് ഒരു ഫലത്തിന്റെ ആവശ്യമില്ലാതെ നടത്തും കർമ്മ സ്വയം തന്നെ പ്രയോജനമുള്ളതാണ് സാധാരണ മനുഷ്യൻ ധരിക്കുന്ന എന്താണ് കർമ്മം അതിന്റെ ഫലത്തിലൂടെയാണ് പ്രയോജനപ്പെടുന്ന ഭൗതികമായി അല്ലെങ്കിൽ ലൗകികമായി അത് ശരിയാണ് ഒരു പ്രവൃത്തി ചെയ്ത് ഫലത്തിലൂടെയല്ല പ്രയോജനം ചെയ്യുന്നത് പറയുന്ന അങ്ങനെയല്ല ഫലത്തിന്റെ ഭാഗത്തേക്ക് നോക്കണ്ട പ്രവൃത്തിയെ ഈശ്വരന് സമർപ്പിക്കുന്നു എന്നുള്ള ആ സങ്കല്പം അതുകൊണ്ട് മാത്രം കർമ്മത്തിന് പ്രയോജനമുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ സംശയങ്ങൾക്കും ഇവിടെ വ്യാഖ്യാനത്തിൽ മറുപടി പറയും എല്ലാ സംശയവും ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിലും എങ്ങനെയുള്ള സംശയങ്ങളെന്ന് തോന്നുന്നു പക്ഷെ ഓരോ സംശയങ്ങൾക്കും അടുത്തും മറുപടി പറയും അതാണ് വ്യാഖ്യാനാവിന്റെ കഴിവ് വൈദികർമ്മങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് പറഞ്ഞു തത്ര കേവലം കർമ്മം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്ന ഫലത്തിനുവേണ്ടിയല്ലേ ഭൗതികമായ ദക്ഷയിൽ അത് ശരിയാണ് പക്ഷേ ഇവിടെ ആത്മീയമാണ് വിഷയം അതുകൊണ്ട് പറയുന്നു അതിന് കാരണം പറയുന്നു മതാരാധനാരൂപസ്യുന്നു ദേവരസ്യ മതാരാധനാരൂപസ്യ മോക്ഷഹേതൃത്വമാണ് ഇത് മോക്ഷശാസ്ത്രമാണ് ജീവാത്മാവ് പരമാത്മാവ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ മോക്ഷശാസ്ത്രമാണ് എവിടെയൊക്കെ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ട് ആ എല്ലാ ശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രമാണ് അവസാനം എന്താണ് നിശ്രേയസത്തിൽ കൊണ്ടെത്തി അതാണ് ഇവിടെ പറയുന്നത് മതാരാധനാലൂപസ്യ മോക്ഷഭേദത്വാച്ച് അപ്പൊ കർമ്മണ്ഡീ അധികാരസ്യം മഹാ ഫലേഷു കഥാചന അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം കർമ്മത്തിലെ നിനക്ക് അധികാരമാണ് ഫലത്തിൽ അധികാരമില്ല എന്നാണ് രാമാനുജാചാര്യർ പറയുന്നത് ശങ്കരാചാര്യ വ്യാഖ്യാനം ഇവിടെ തികച്ചും അപ്രസക്തമാണ് എന്താണ് കർമ്മത്തിനെ നിങ്ങൾക്ക് അധികാരമുള്ളൂ ജ്ഞാനത്തിലില്ല എന്ന് പറയുന്നത് അതിലൂടെ അങ്ങനെ വ്യാഖ്യാനത്തിനൂടെ ഒരു പഴുതുമില്ല എന്നാണ് രാമാനുജ ഭാഷ മനസ്സിലാക്കിയത് നമ്മുടെ സാമാന്യ ബുദ്ധി നോക്കിയാലും ഇത് ശരി മറ്റൊരു അതിവ്യാഖ്യാനം ശ്ലോകത്തിലില്ലാത്ത ആശയത്തെ കൊണ്ടുവന്ന് വ്യാഖ്യാനിക്കുന്നു ഇപ്പൊ ഗീത പഠിക്കുന്നവര് ഗീതയൊക്കെ ചിന്തിക്കുന്നവര് ഗീതാഭക്തന്മാര് വിജയിച്ച് കാര്യമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ രാമാനുജ ഭാഷയുമായി ചിന്തിക്കാതെ വലിയൊരു നഷ്ടമല്ലേ ഈ ഒരർത്ഥങ്ങൾ കൂടിയിട്ട് അടുത്തു വരുന്നത് മാ കർമ്മഫല ഹേതുഭൂ അതിന് പറയുന്നു മാച്ച കർമ്മഫല യൂർ ഹേതൃഭൂ അവിടെയും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടാണ് രാമാനു ആചാര്യ വ്യാഖ്യാനം പൊതുവേ ഒരു ഇതുണ്ട് എന്താണോ ശങ്കരാചാര്യർ അതിബുദ്ധിമാനാണ് ശങ്കരാചാര്യ വ്യാഖ്യാനം വളരെ യുക്തിയുക്തമാണ് എന്നൊക്കെ പറയും പക്ഷെ വ്യാഖ്യാനങ്ങൾ പലയിടത്തും ശങ്കരാചാര്യേക്കാൾ ബുദ്ധി രാമാനുജാചാര്യ പ്രയോഗിക്കുന്നു ശങ്കരകാശത്തില കർമ്മഫല ഹേതു കർമ്മഫലത്തിന് ഹേതുവാകരുതെന്നാണ് അങ്ങനെ നമ്മൾ സ്ഥിരം കേട്ട് പറഞ്ഞിട്ടുള്ളൂ പദ്യവും എല്ലാരും പറയുന്ന അങ്ങനെയാണ് കർമ്മഫലത്തിന് ഹേതുവാകരുത് രാമാനുചാരാചാര്യ എന്താ പറയുന്നത് കർമ്മത്തിനും ഫലത്തിന് ഹേതുവാകരുത് ഇതാണ് പറയുന്നത് കർമ്മത്തിനും ഫലത്തിന് ഹേതുവാകരുത് അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അല്പം വ്യാകരണമാണ് വ്യാകരണം ഇടാൻ പറ്റില്ല ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കണ്ടെത്തണമെങ്കിൽ വ്യാകരണം കൂടിയില്ല അവിടെ നഹിനി രക്ഷ തീർച്ചയായും കരണമെന്ന് പറഞ്ഞിട്ടൊന്ന് രക്ഷ ഇവിടെ രാമാനുജാചാര്യരും വേദാന്ത ദേശീയ വലിയ ഭക്തന്മാരാണ് ഭക്തിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അവർ ആശ്രയിക്കുന്ന വ്യാകരണത്തെയാണ് കർമ്മഫലവരുദ്ധി എന്താണ് അങ്ങനെ വ്യാഖ്യാനിച്ചു പറയുന്നത് പുനരുക്തി പ്രസഞ്ചക ഷഷ്ടി സമാസാദമി ഉഭയപദാർത്ഥ പ്രധാന ദ്വന്ദ്യോഗം ഉച്ച പക്ഷ്യമാണ് അവർത്തൃത്വ അത്ര യുക്തീ ഭാവ ഇവിടെ തികച്ച മേകരണത്തിന്റെ വിഷയം തന്നെയാണ് ഒരു പ്രശ്നം പാണിനീയം തന്നെയാണ് ശങ്കരകാരുടെ ഷഷ്ടി സമാസത്തിൽ കർമ്മണ ഫലവും കർമ്മത്തിന്റെ ഫലം രാമാനുചാര്യർ ദ്വന്ദ്വ സമാസത്തെടുത്തു കർമ്മ ഫലം ചർമ്മഫലേ തയോഹോ ഇതാണ് രണ്ടുങ്ങളുടെ വ്യത്യാസം ഇവിടെയാണ് ചിലത് പറയുന്നത് നിങ്ങള് എടുത്ത് വെറുതെ വായിച്ചാണ് കുറെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞ ഒരു അർത്ഥം അതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം മൂഢന്മാരെ സമാധാനിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇതങ്ങനെ തെളി എന്തായിരിക്കും തെളിയുന്നവിടെ ഈ രാമാനുചാചാര്യർ പറഞ്ഞു തെളിയും അതേ ശങ്കരായ പറഞ്ഞു കളിയും അങ്ങനെ വായിച്ച് വായിച്ച് തെളിയിക്കേണ്ടതല്ല അറിഞ്ഞു തെളിയേണ്ടത് അറിഞ്ഞു തരണമെങ്കിൽ പാണിനിയുടെ സഹായം ഇല്ലാതെ പറ്റത്തില്ല ഒരു കർമ്മണ ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ദോഷം അതിന് പുനരിത്തി ദോഷം തോന്നുന്നു പറഞ്ഞ കാര്യം വീണ്ടും പറയും അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം കർമ്മത്തിനും ഫലത്തിനും ഹേതു എല്ലാം പറഞ്ഞു ആ പുനരുത്തി ദോഷം എന്താണെന്നും അതിലും പ്രശ്നം വരും അതും വിശദീകരിക്കും എന്തുകൊണ്ട് സംഘടന വ്യാഖ്യാനം മാറ്റി എന്ന് പറയും ആദ്യ സമാനം പറയണം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ അർത്ഥം വീണ്ടും പറയും കർമ്മഫലത്തിന് ഏതുവാകരുതെന്ന് പറഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞ കാര്യമാണെന്നാണ് മുമ്പ് ഇവിടെ പറഞ്ഞു കർമ്മഫലത്തിന് ഏതുവാകരുതെന്ന് അതും കർമ്മത്തിന് മാത്രമേ നിനക്ക് അധികാരമുള്ളൂ ഫലത്തിലില്ല എന്ന് പറയുമ്പം ഫലത്തിന് ഇനി ഹേതുവല്ല ഫലത്തിന് ഈ കാരണം കാരണമല്ല പക്ഷെ ചോദിക്കുമ്പോൾ ഫലത്തിനാരാ കാരണം ചെയ്യുന്ന ഞാനല്ലെങ്കിൽ പിന്നെ ഫലത്തിനാരാ കാരണം ഫലം ഉണ്ടാകുമല്ലോ കർമ്മം ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകും കാരണം കർമ്മം കാരണമാവാം കർമ്മം ചെയ്യുന്ന ഞാനല്ല അതിന് കാരണം കർമ്മം തന്നെ ഫലത്തിന് കാരണമാണ് യാഗമാണ് സ്വർഗത്തിന് കാരണം അത് ആ യാഗമാണ് അത് എന്തുകൊണ്ട് യുവാംസേനെ പറഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ട് സ്വർഗം എന്ന് ഫലത്തെ കൊടുക്കുന്നതിന് യാഗത്തിനാണ് ശേഷിയുള്ളത് കർമ്മമാണ് കാരണം പിന്നെ മറ്റ് കാരണങ്ങളും പറയാം ഈശ്വരനെ അംഗീകരിക്കണ ഈശ്വരൻ കാണുന്നു ഹേതു അപ്പോ കർമ്മത്തിലെ നിനക്ക് അധികാരമാണ് ഫലത്തിനില്ല എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഫലത്തിന് നിഹേതു അല്ല എന്ന് വീണ്ടും ഇവിടെ പറയുന്നു കർമ്മഫലത്തിന് ഹേതുവല്ല വീണ്ടും പറയേണ്ട കാര്യം തോന്നുന്നു എന്റെ ആവശ്യം പറയുന്നു കർമ്മത്തിനും ഫലത്തിനും ഹേതുവല്ല അല്ലാത്തൊരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് സമാനം പറയും ഞാൻ കേരളത്തിൽ തരുന്നു അതാണ് പുനരുത്തി പ്രസഞ്ചക ഷഷ്ടി സമാസാദവി മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഫലത്തിന് അധികാരമില്ലാത്തതുകൊണ്ട് ഫലത്തിന് കർത്താവ് ഹേതുവല്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും അത് കർമ്മഫലത്തിന് ഹേതുവല്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞത് വീണ്ടും പറയുന്നുള്ളേ ദോഷം വരും അതുകൊണ്ട് ഉഭയപദാർത്ഥ പ്രധാന ദ്വന്ദ് ഉചിതക്കാർ അതുകൊണ്ട് ഉഭയപദാർത്ഥ പ്രധാനമായ കർമ്മത്തിനും ഫലത്തിനും ഹേതുവാകരുത് എന്നാണ് ഉചിതമായ അർത്ഥം ഇങ്ങനെ പറയുന്നുള്ള രുഗണങ്ങളുണ്ട് എന്താണോ പക്ഷ്യമാണ് അകർത്തൃത്വ അനുസന്ധാന സംഗ്രഹിച്ച കർമ്മം ചെയ്യുന്ന ഒരാള് അകർത്തൃത്വത്തെ കുറിച്ച് ചിന്തിക്കണം അകർത്തൃത്വത്തെ അനുസന്ധാനം ചെയ്യാമെന്ന് വെച്ച് ചിന്തിക്കണം ചെയ്യാൻ കർത്താവ വല്ല എന്ന് ചിന്തിക്കണം അതുകൂടെ ഇവിടെ പറയണം എന്തുകൊണ്ട് താൻ കർത്താവല്ല കർത്താവാണെങ്കിൽ കർമ്മത്തിന് കാരണക്കാരനായിരിക്കും അല്ല ഫലത്തിന് കാരണക്കാരനായിരിക്കും ഞാൻ കർത്താവല്ലാതുകൊണ്ട് ഞാൻ ഫലത്തിന് ഹേതുവല്ല കർമ്മ അതിന്റെ ഫലം കൊടുത്തോട്ടെ ഞാൻ അതിന് കാരണക്കാരനല്ല എന്ന് തന്നെ കുറിച്ച് അകർത്തൃത്വത്തെ ചിന്തിക്കണം അനുസാധനം ചെയ്യാമെന്ന് ഏകാഗ്രമായി ചിന്തിക്കുക ഉപാസനകളാണ് ഗീതയിലും നിരന്തരം പറയുന്ന ഭഗവാൻ സ്വയം തന്നെ പറയുന്നു നമ്മേ പാർത്താസ്തി കർത്തവ്യം പക്ഷെ യോഗേശ്വരിഞ്ഞ ഞാൻ സ്വയം തന്നെ കർത്താവല്ല നമ്മെ കർമാണിലിംബം നമ്മേ കർമ്മഫലസ്പൃഹ ഇതൊക്കെ ആവർത്തിച്ച് നിരന്തരം പറയുന്നു കർത്താവ് ഇരുമഞ്ഞെ കർത്താവ് എന്ന് ചിലര് കരുതുകയാണ് കർത്താവ് അല്ലെങ്കിൽ അപ്പൊ പറയാൻ പോകുന്നതാണ് എന്തുകൊണ്ട് കർത്താവ് അല്ല എന്ന് നിരന്തരം ചിന്തിക്കണമെന്ന് പറയുന്നു പുരുഷനാണ് ദേഹിയാണ് ആത്മാവാണ് ആത്മാവില് കർത്തൃത്വമില്ല നിരന്തരം ആവർത്തിക്കുകയാണ് പ്രവൃത്തി ചെയ്യുന്ന ആള് പ്രവർത്തിക്കുമ്പോ ഞാൻ പ്രവർത്തിക്കുന്നവനല്ല എന്ന് ചിന്തിക്കുന്നു അതുകൊണ്ട് ഫലത്തിന്റെ ഉത്തരവാദിത്വം തന്നിൽ വരക്കല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ സന്ദർഭമാണ് പതിനെട്ടാം അധ്യായത്തിസാൻ ലോകാൻ ർക്കാണോ നാഹംകൃതഭാവം ഞാൻ ചെയ്യുന്നവനെന്നുള്ള ഭാവം ഇല്ലാത്ത ചിന്തയില്ലാത്ത ആർക്കാണോ ബുദ്ധിക്ക് ലേപമില്ലാത്ത സംഘമില്ലാത്ത രാഗമില്ലാത്ത പറയുന്നു ഈ നിമ്പ കാണുന്ന മുഴുവൻ പേരെയും കൊന്നു കഴിഞ്ഞാലും പത്ത് ആവിശ്യമാണോ നന്ദി കൊല്ലുന്നില്ല ന നിബന്ധ്യത കർമ്മഫലം അവനെ ബന്ധിക്കുന്നില്ല ബന്ധനം എന്ന് പറയുന്നതാണ് കർമ്മഫലം അനുഭവിക്കേണ്ടി ബന്ധനം കൊല്ലുക പറയുന്ന ഹിംസയാണ് ഹിംസയുടെ ഫലം പാപമാണ് ആ പാപ ഫലം നരകഫലം ഇതൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നു അതിന് കടന്ന പ്രയോഗം എന്നാണ് എന്റെ അഭിപ്രായം എല്ലാവരെയും കൊന്നുകഴിഞ്ഞാലും കൊല്ലുന്നില്ല എന്നൊക്കെ പറയുന്നു മറ്റെന്തെങ്കിലും പ്രവൃത്തി എന്നൊക്കെ പറയുന്നു പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ കിടന്നുപോയി പക്ഷെ അന്നത്തെ സന്ദർഭത്തിൽ അതൊക്കെ പറയുന്നു നന്ദി യുദ്ധങ്ങളുടെ കാലമുണ്ട് പടയോട്ടങ്ങളുടെ കാലമാണ് ക്ഷത്രിയന്റെ പ്രധാന തൊഴിൽ തന്നെ ഇതാണ് കൊല്ലുക കൊന്നാൽ പാപമില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമാണ് പിന്നെ കൊന്നാൽ പാപമില്ല എന്ന് യോദ്ധാവിനോട് പറയേണ്ട കാര്യമില്ല കാരണം അർജുനെ കൊല്ലാൻ മടിയുടെ നിരന്തരം കൊല്ലുന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ട് പതിനെട്ടാം അധ്യായത്തിൽ ചെന്നിട്ട് വീണ്ടും എടുത്തെന്തോണ്ട് പറയുന്നു എന്താ കാരണം എന്തുകൊണ്ടായി അർജുനൻ യോദ്ധാവില്ലേ ക്ഷത്രിയ യോദ്ധാവാണ് കൊല്ലുന്നതിന് അർജുനന് പ്രയാസവും അറപ്പില്ലാതെ കൊല്ലാൻ പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ എന്താ ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് അർജുനന് കൊല്ലുന്നതിനെ കുറിച്ചുള്ള വേദനാതി ഒന്നുമില്ല പവമ്മയോ ആശ്രയോ ദസ്മ മഹത്വീതാതായി ഈ എന്താണ് ഗുരുക്കന്മാരെ കൊല്ലുന്നതിൽ ഗുരുവിന്റെ മഹത്വ മഹാനുഭാവൻ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലുന്നതാണ് അർജുനന് പക്ഷെ അവിടെയാണ് ഒരു ഉത്തേജനാവശ്യമായിട്ടുള്ളത് അല്ല കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചത് അപ്പൊ ഗുരുക്കന്മാരെ കൊല്ലുമ്പോ ആർക്കായാലും ഒരു ുദ്ധിമുട്ട് ഒരു എന്ത് ബുദ്ധിമുട്ടും പാപമുണ്ടാകുമോ തന്നെ വിദ്യ പഠിപ്പിച്ച ആളാണ് പിന്നെ വിദ്യ പഠിപ്പിച്ച ആളെന്ന് വെച്ചാൽ തനിക്ക് ദ്രോഹമൊന്നും ചേർക്കുന്നുണ്ട് തന്റെ ശത്രുവുമല്ല ഇപ്പോഴും ഗുരുക്കന്മാരാണ് ശത്രുക്കളല്ല ദുര്യോധന കൊല്ലുന്നാണെങ്കിൽ ശരി ശത്രു പോണം ഭീഷ്മും തോന്നുന്നു ശത്രുക്കള അപ്പൊ അവരെ കൊല്ലുക എന്ന് പറയുമ്പോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന്റെ ഫലം എന്ന് പറയുന്ന പാപമാണെന്നാണ് ധർമ്മശ്വാസം എല്ലാം പറയുന്നു ഗുരു ഗുരുഹത്യ എന്നുള്ള ഗുരുനിന്ദ എന്ന വലിയ പാപമാണ് അപ്പൊ പിന്നെ ഗുരുഹത്യെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തി പക്ഷെ ഇവിടെ ഗുരുഹത്യെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതൊരു വലിയ പാപമാണ് അത് തന്നെ പ്രാപിക്കൂ എന്നുള്ള ചിന്ത അതുകൊണ്ടാണ് അവസാനം ഒരാണിയുടെ അടിച്ചു കൊടുക്കുന്ന എന്താണ് ബേ അത്വാവിസ ഇമാൻ ലോകാൽ ഈ കാണുന്ന മുഴുവൻ ജനങ്ങളൊക്കെ വന്നാലും ശരി ഗുരുക്കന്മാൻ എന്നുള്ളതല്ല പാവം ഒരിക്കലും സംഭവിക്കത്തില്ല ഉറപ്പിച്ചു പറയുന്നത് അതാണ് അവിടെയാണ് ഈ പറയുന്ന എന്താണ് കർത്തൃത്വം തന്നിലില്ലാതിരിക്കുകയോ എന്നാലേ ആ പാവത്തെ ഒഴിവാക്കാൻ പറ്റും അപ്പോ ആരെ കൊല്ലുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം ആരെ കൊന്നാലും ശരി തന്നിൽ കർത്തൃത്വം വരാൻ പാടില്ല അങ്ങനെയാണ് ഗീത വ്യാഖ്യാനിക്കുന്നത് ആരെ കൊന്നാലത് സ്വധർമ്മമാണ് ഗുരുക്കന്മാരെ കൊല്ലുന്നതിനും വലിയൊരു പാവമുണ്ട് അതും സ്വധർമ്മമാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് ഇതൊക്കെ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ വലിയ പാടാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് ആൾക്കാർ യുദ്ധം കൊല അതൊക്കെ മാറ്റിയിട്ട് രാഗദ്വേഷങ്ങൾ എന്നൊക്കെ അർത്ഥം പറയുന്നു ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാര്യം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആ കാര്യമാണ് പറയുന്നത് ഓക്ഷയുമാണ് അകർത്തൃത്വ അനുസന്ധാനം അവൻ കർത്താവല്ല എന്ന നിരന്തരം അനുസന്ധാന നായും ഹന്തിനഹന്യതയെ എന്നുള്ള ആ കാഴ്ചപ്പാട് വരുന്നു ഹത്വാവിന നിബദ്ധ്യതയെ വേറെ പാപം കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല ആ ഫലത്തെ അനുഭവിക്കേണ്ടി വരുന്നില്ല അങ്ങനെയും പറയുന്നുണ്ട് അത്വാവിന് നിബദ്ധ്യത അങ്ങനെ പറയുന്നുണ്ട് ഇതും പറയുന്നുണ്ട് നായും ഹന്തിന് വന്യത അതാണ് അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് കർമ്മത്തിന് ഏതുവാകരുത് ഫലത്തിനേർപ്പ കർമ്മത്തിന് ഹേതുവാകരുതെന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് കർമ്മത്തിന് ഹേതുവാകാതിരിക്കണമെങ്കിൽ താൻ അകർത്താവാണെന്ന് അനുസന്ധാനം ചെയ്യും അത് ഇവിടെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മഫലത്തിന് ഹേതു എന്നല്ല കർമ്മത്തിന് ഹേതുവാകരുത് ഇവിടെ വ്യാഖ്യാനിക്കുന്നതാണ് ഇനി അതാണ് പറയാൻ പോകുന്നത് കർമ്മഫലത്തിന് ഹേതുവാകരുതെന്ന് പറഞ്ഞാൽ ഈ അകർത്തൃത്വ അനുസന്ധാനം എന്ന് പറയുന്ന വിഷയോടെ വരത്തല്ല മൂന്നാധ്യായത്തിന് മുഴുവൻ കുറിച്ചാണ് പറയുന്നു അതാണ് ഭക്ഷ്യമാണ അകർതൃത്വ അനുസന്ധാന സംഗ്രഹ അത്രയും അതിനവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഫലത്തിനും ഹേതുവരം നടത്തും കർമ്മണ്ീവ അധികാര സ്ഥിമാദേകർമ്മി വിധി പൂർവോത്തരവചനാഭ്യാം അയം കർമ്മഹേതുത്വ നിഷേധവും വ്യാഹന്യേത വളരെ കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ എന്നാണ് പൂർവക്ഷി പറയം എന്താണ് കർമ്മണ്യവാധികാരം നീ കർമ്മം ചെയ്ത് തന്നെ തീരണം അപ്പൊ നിനക്ക് നിങ്ങൾ കർമ്മഹേതത്വം അർത്ഥം എന്താണ് കർമ്മത്തിൽ ആണ് നിനക്ക് മതഅിലിത സ്വാധീനത്വ മതർത്ഥ ഇതം കർമ്മ ഈ കഭിമാനമാണ് നേരത്തെ പറഞ്ഞ അധികാരത്തെക്കുറിച്ച് ഈ കർമ്മം എന്റേതാണെന്ന് അഭിമാനിക്കുന്നതാണ് അപ്പൊ അവിടെ കർമ്മം ഇത്ര ഭേദത്വം തന്നെ കർമ്മ നിയമാധിക പിന്നെ പറയുന്ന എന്താണ് മാതേ സങ്കോ കർമ്മം ചെയ്യാതിരിക്കരുത് എന്നൂടെ ഉറപ്പിച്ചു പറയാണ് അപ്പൊ കർമ്മത്തിൽ ഹേതുത്വം വരുമല്ലോ പിന്നെ പറയുന്നത് ആ കർമ്മഫലഹേതു കർമ്മത്തിനും ഫലത്തിനും ഹേതുത്വം പരസ്പര വിരുദ്ധമാണല്ലോ ഓരോ ഭാഗങ്ങളായിട്ടെടുത്ത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് ഈ പറയുന്ന ആശയങ്ങൾക്ക് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിച്ചു ഇത്തരത്തിലൊരു സൂക്ഷ്മ പരിശോധന ശങ്കരാചാര്യ ചെയ്യുന്നത് ശങ്കരാചാര്യ ചെയ്യുന്ന എപ്പോഴും എന്താണോ തന്റെ സിദ്ധാന്തത്തിന് ഇതിന് എത്രമാത്രം യോജിപ്പിക്കാം എന്നുള്ളതാണ് അതുമാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ആ അർത്ഥസൂക്ഷ്മതയിൽ സാമാന്യ ആചാര്യം തന്നെയാണ് ഒരുപടിയും ഇപ്പൊ ഗീത മനസ്സിലാകുമ്പോ ഇത് മനസ്സിലാക്കാതിരുന്ന വലിയൊരു നഷ്ടമാണ് പിന്നെ ഒന്നുമില്ലാത്തവർക്ക് അതായാലും അത് കുഴപ്പമൊന്നും അതാണ് കർമ്മ ജീവി പറഞ്ഞു മാദേവ സങ്കോസ്തകർമ്മണി എന്ന് പിന്നീട് പറഞ്ഞു രണ്ടിടത്തും കർമ്മഹേതുത്വത്തെ ഉറപ്പിക്കുകയാണ് പൂർവോത്തരവചനാഭ്യായം കർമ്മഹേതുത്വ നിഷേധ ഓ വ്യാഹന്യത കർമ്മത്തിന് ഹേതുവാവെന്ന് പറഞ്ഞാൽ വ്യാഘാതം പരസ്പര വിരോധം കൊണ്ടടിച്ച് പറഞ്ഞതിനെ മാറ്റി പറയും അത് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നു ഭാഷയത്തിൽ നിത്യസത്വസ്തോർത്തും നീ കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോ ത്വയാ നിത്യസത്വസ്ത ഇതെപ്പോഴും ആവർത്തിച്ചാവർത്തിച്ചു പറയും അർജുനൻ നിത്യസത്വസ്ഥനാണ് അല്ലാതെ ുണംവനാണ് എന്തുകൊണ്ടാണ് നിത്യസ് നിത്യസത്വസ്ഥൻ എന്ന് പറയുന്നത് ഇവിടെ അർജുനന്റെ ഒരു ശരിയായ മുമുക്ഷു ആയിട്ടാണ് തിരിഞ്ഞത് മുമുക്ഷു മുമുക്ഷത്വം ഉണ്ടാവണമെങ്കിൽ സത്വ ഗുണം വേണോ മാറ്റവൻ മോക്ഷത്വം ഉണ്ടാവും അന്ന്പ്പോ പറഞ്ഞതാണ് കാര്യം ഇപ്പൊ നിത്യസത്വസ്ഥ്യ മോക്ഷോ അഥവാ അകർത്തൃത്വം അപ്പി അനുസന്ധേയം അകർത്തൃത്വത്തെയും നീ ചിന്തിക്കണം കർമ്മം ചെയ്യണം അനുസന്ധാനം ചെയ്യണം അനുസന്ധാനം എന്ന് പറയുന്നത് മാനസികമായ പ്രവൃത്തിയാണ് കർമ്മം ചെയ്യുകയല്ല ശരീരം കേവലം കുർമ്മൻ അപ്പൊ കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യാം നാപ്പനോദിഗർ വിഷം അങ്ങനെ ചെയ്യുന്നവൻ പാപം അവന് കിട്ടാതിരിക്കണമെങ്കിൽ അവനെന്ത് ചെയ്യണം മനസ്സുകൊണ്ടുള്ള അനുസന്ധാനം ഇവിടെ വേണം ഇത് നമ്മള് ഗീതാഗ് ചർച്ച ചെയ്തൊക്കെ ഒരുപാട് വിശദീകരിച്ചാണ് അതാണ് ഇവിടെ പറഞ്ഞത് ത്വാനുഷ്ഠീയമായ വികർമ്മണി നിത്യസത്വസ്ഥത്യം മൂക്ഷഭൂത്തവ അകർത്തൃത്വം അഭി അനുസരിച്ചു അപ്പൊ കർമ്മം ചെയ്യുന്നു അകർത്തൃത്വം ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ ചെയ്യുന്ന ആളെ തന്നെ അപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ കർമ്മം ചെയ്യുമ്പോ ചെയ്യുന്ന ആള് കർമ്മത്തിന് ഉത്തരവാദി ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു എന്നിട്ട് പറയുന്ന എനിക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ല താൻ ഹേതു ആകാതിരിക്കുന്നെങ്കിലും കർമ്മം ചെയ്യുന്ന അതിൽ കർമ്മഹേതത്വം വരൂല്ലോ പിന്നെ മറ്റാരെങ്കിലും ആണോ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രശ്നം വരും ഒരാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും ഞാനിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ടത് പറയുന്നു ഞാനത് എനിക്ക് ഞാനിത് പറഞ്ഞില്ലെന്നോ ഈ പറയുന്നതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറയാൻ പറ്റും അതാണ് വ്യാഖ്യാനം പറയുന്നത് നാത്ര വസ്തുതോ ഹേതുത്വം നിഷേധിക്കുന്നു കർമ്മം ചെയ്യുമ്പോ ചെയ്യുന്നവന്റെ ഒരു ഹേതുത്വം വരും സ്വാഭാവികമായി വന്നുചേരുന്ന ആ ഹേതുത്വം ആ കർമ്മത്തിലുള്ളവന്റെ ഉത്തരവാദിത്വം അതും നിഷേധിക്കാൻ പറ്റില്ല പിന്നെ എന്താണ് ഇവിടെ പറയുന്നതൊരു താല്പര്യം അവിതു ഹേതുത്വ അനുസന്ധാനം അതിനു ശരി ഞാൻ ഹേതുവാണ് എന്ന് ധ്യാനിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല അവിടെ അങ്ങനെ അല്ല നഗർത്തി അനുസന്ധാനം ചെയ്യണം അവിധു ഹേതുത്വ അനുസന്ധാനം നിഷിദ്ധതയും തന്നെയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് കർമ്മം ചെയ്യുമ്പോ താൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ താൻ ചെയ്യുന്നു എന്നുള്ള വിചാരാനും നിഷേധിക്കേണ്ട അത് പാടില്ല എന്നാണ് പറയുന്നത് അതാണ് അകർത്തൃത്വ അനുസന്ധാനം എന്ന് പറയുന്നത് രണ്ടു ഭാഷയിൽ പറയുന്ന താൻ അകർത്താവാണെന്ന് ചിന്തിക്കണം താൻ ഏതുവാണെന്ന് ചിന്തിക്കാൻ പാടില്ല കർമ്മം ചെയ്യുമ്പോ എന്തായാലും ആയാക്കൊരു ഹേതുത്വം വരും വരാതിരിക്കത്തില്ല അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഞാൻ കർത്താവല്ലെന്ന് ചിന്തിക്കണം ഞാൻ ആണ് ഇതിന് ഹേതു എന്ന് ചിന്തിക്കാതിരിക്കും അതിന്റെ ഫലം കിട്ടാതിരിക്കത്തില്ല എങ്ങനെ ചിന്തിച്ചാല് അവനല്ലേ ഒരാള് സംസാരിക്കുമ്പോൾ അപ്പൊ ഏത് പ്രവൃത്തി ചെയ്താലും അല്ല ഇവിടെ പറയുന്നത് ഫലത്തെക്കുറിച്ചല്ല കർമ്മത്തെ കുറിച്ച് കർമ്മം മേരെ ഫലം മേരെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു ഇവിടെ ഇപ്പൊ പറയുന്നത് ഫലത്തിനെ കുറിച്ചല്ല അത് ഇനി ചർച്ച ചെയ്യാം ഫലത്തെക്കുറിച്ച് ഇവിടെ ഇപ്പൊ പറയുന്നത് ഞാനിപ്പോ ഈ ഇവിടെയൊക്കെ പറയുന്നു അപ്പോ കർമ്മത്തിന്റെ ഹേതത്വം എന്ന് പറഞ്ഞ ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഭാവം അപ്പോ ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക അത്ര ഇവിടെ പറയുന്നുള്ളൂ ആ ഒരു വിഷയം പറയുന്നുള്ളൂ ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് അടികെട്ടുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്നതുമായിട്ട് ബന്ധമില്ല മനസ്സിലായോ ആ ഫലത്തിന്റെ ഭാഗമല്ല ഇവിടെ ചർച്ച ചെയ്തു ഫലത്തിന്റെ ഭാഗം അടുത്ത് വരും ഇവിടെ പറഞ്ഞു ആ കർമ്മത്തിനും ഫലത്തിനും ഏതുമാകരുതെന്ന് പറഞ്ഞുണ്ട് ഇവിടെ ഇപ്പൊ ഈ ഭാഗം മാത്രം ആണ് പറയുന്നത് ഞാൻ അകർത്താവാണെന്ന് അനുസാധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം എന്താണ് നിന്ദയായാലും പൂജയായാലും ആ വിഷയത്തെക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ചല്ല പറയുന്നു ചിലപ്പോൾ നിന്ദയാകാം ചിലപ്പോൾ പൂജയാകാം രണ്ടു ആകാം അതിനെക്കുറിച്ചല്ല പറയുന്നത് ചെയ്യുന്ന ഞാനെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ ഞാൻ കർത്താവാണെന്ന് ചിന്തിക്കരുത് ഞാൻ ഈ പ്രവൃത്തിക്ക് ഹേതുവാണെന്ന് ചിന്തിക്കരുത് ഫലം അത് മറ്റൊരു വിഷയമാണ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിൻ്റെ കൂടെ രണ്ടും പറയുന്നത് കർമ്മത്തിനും ഹേതുവാകരുത് ഫലത്തിനും ഹേതുവാകരുത് ഫലത്തിനെങ്ങനെ ഹേതുവാകരുത് എന്നുള്ളത് ഇനി പറയും മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള ഇനി പറയും പറഞ്ഞോർക്കണ എന്താണ് കർമ്മ നീമ അധികാര സ്ഥിമാ ഫലേഷങ്ങനെ ഹേതുവാകരുതെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പറയും അതുകൊണ്ട് ഇത് കർമ്മവും ഫലവും രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കും ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോ എനിക്കതിന് നിന്ദയാണോ ഫലം അതേ പൂജയാണോ ഫലം എന്നുള്ളതല്ല ഇവിടെ ചർച്ച ചെയ്തു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണമെന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാകണം അവിതത്വ ഹേതുത്വ അനുസന്ധാനം എന്ന് ചിന്തിക്കാനാണ് അതിന് കാരണം എന്നുള്ള ചിന്തയെ ഉപേക്ഷിക്കും പറയുന്നത് ആ ഒരു ഭാഗം ചർച്ച ചെയ്തുള്ളൂ ഫലത്തിലേക്ക് വന്നില്ല ഫലത്തിന്റെ ചർച്ച വരുമ്പോഴാണ് ഈ ചോദ്യം വരേണ്ടത് ഇതാണ് ഞാൻ കർമ്മം ചെയ്യുന്നു അതിന്റെ പൂജ അല്ലെങ്കിൽ നിന്ദ അത് ഞാൻ ഉത്തരവാദിയല്ലേ അത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ അതിന് സമാനം പറയുന്നു കൃത്യമായി വിഷയത്തിനകത്ത് നമ്മൾ ചിന്തിക്കണം വിഷയത്തിന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ശരി അടുത്ത് ഫലഭാഗത്തേക്ക് വരികയാണ് അപ്പൊ ഫലത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മാ ഫലേഷ ഫലത്തിലൊരിക്കലും അധികാരമില്ല അവിടെ കർമ്മം എന്താണെന്നും ഫലം എന്താണെന്നും വ്യാഖ്യാനിച്ചു കർമ്മം എന്ന് പറയുന്നത് നിത്യം നൈമിത്യവും കാമ്യം മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ അതിന്റെ ഫലം സ്വർഗാദിഫലങ്ങൾ എന്നിട്ടൊക്കെ വ്യാഖ്യാനിച്ചു അതിലൊരിക്കലും അധികാരമില്ല എന്ന് പറഞ്ഞു അതിന് വളരെ വൃത്തിയുമായി നേരത്തെ പറഞ്ഞു ദുരിതക്ഷയം കൃത്യമായ പരിഹാരം പ്രജാപത്യാദി ലോകം പശുപുത്രാദി എന്നാണ് ഇതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞു ഫലത്തിലെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ് സ്വർഗപശുവാദി ഫലങ്ങളിൽ അവിടെ പറഞ്ഞു ഫലത്തിലെ അധികാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അത് ഞാൻ വിശദീകരിച്ചാണ് എങ്ങനെയാണ് അപ്പൊ അതിനധികാരം എന്തെന്നറിയുന്നു അപ്പൊ അധികാരം എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു മൂന്ന് ക്ലാസുകളിലായിട്ട് വിശദീകരിച്ചു പിന്നെ അവിടെ പറഞ്ഞു ഫലയോഗ്യതാ നിഷേധ തത്സംഗ നിഷേധോ ഫലത്തിന് നീ യോഗ്യനല്ല എന്ന് പറയുന്നുണ്ട് ഫല സംഘത്തെ നഷേച്ചു അപ്പോ കർമ്മം അതിന്റെ ഫലത്തെ ഉണ്ടാകും അവിടെ അതിനോടുള്ള സംഘം രാഗം അതില്ലാതിരിക്കുക അതും മാനസികമായ അവസ്ഥയാണ് രാഗദ്വേഷങ്ങളില്ലാതിരിക്കുക ഇതൊക്കെ മുമ്പ് വിശദീകരിച്ച കാര്യമാണ് പറയുന്നു ആ വിഷയം മുമ്പ് ചർച്ച ചെയ്താണ് ഫലത്തില് അധികാരമില്ലാതിരിക്കുക എന്നും വ്യക്തമായാഗം ചെയ്താ സ്വർഗം എന്ന് പറയുന്ന ഫലം ഉണ്ടാകും ആ ഫലത്തെ തടയുക എന്നുള്ള പശുവിന് വേണ്ടിയുള്ളവർ കർമ്മം ചെയ്താൽ പശു ഉണ്ടാവും വേണ്ടി കർമ്മം ചെയ്ത പൂത്രം ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാവും അവിടെ എന്താണ് ആ സംഘത്തെ രാഗത്തെയാണ് ഒഴിവാക്കാൻ പറയുന്നു ഫല ഭാഗത്തിന് അങ്ങനെയാണ് ഇപ്പോ ഫലത്തിന് ഹേതുവാകരുതെന്ന് പറഞ്ഞു നേരത്തെ വിശദീകരിച്ച കാര്യമാണ് ഇപ്പോ കർമ്മത്തിനും ഫലത്തിനും ഹേതുവാകരുതെന്ന് പറഞ്ഞാൽ അവിടെ പുനരുദ്ധി വീണ്ടും വരുന്നു എന്നുള്ളത് മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും പറയും ഫലത്തിന് ഹേതുവാകരുതും നേരത്തെ പറഞ്ഞതിലുണ്ട് ഫലസംഘം പാടില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പുനരുത്തി ദോഷം നേരത്തെ പറഞ്ഞത് നേരത്തെ പുനരുത്തിദോഷം എന്താ പറഞ്ഞത് കർമ്മഫലത്തിന് ഹേതുവാകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ കാര്യമാണ് വീണ്ടും പറയുന്നതെന്നുള്ള ദോഷം വരുന്ന അത് കർമ്മത്തിനും ഫലത്തിനും ഹേതുവാകരുതെന്ന് പറഞ്ഞാലും വീണ്ടും അത് ഫലത്തിന് ഹേതുവാകരുതെന്ന് പറയുന്ന കാര്യം അവിടെ വന്നു പുനരുക്തി വീണ്ടും വന്നല്ലോ നിങ്ങൾ പറയുന്നതിന് എന്താ പ്രയോജനം മനസ്സിലാകുന്നുണ്ടോ മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഫലത്തിന് ഹേതുവാകരുത് ഇപ്പൊ പറയുന്നു കർമ്മത്തിനും ഫലത്തിന് ഹേതുവാകരുത് എന്തിന് പുനരുക്തി ദോഷത്തെ ഒഴിവാക്കാം പറയുന്നു ഇവിടെ അങ്ങനെ പറഞ്ഞാലും വീണ്ടും പുനരുക്തി വരുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഫലത്തിന് ഹേതുവാകരം വീണ്ടും പറയുന്നു ഫലത്തിന് ഹേതുവാകരം പുനരുക്തി അങ്ങനെ ഒഴിവായി പറഞ്ഞ കാര്യമില്ല വീണ്ടും പറയുന്നത് അങ്ങനെ ഫലഹേതുത്വം നിഷേധ പുനരുക്തഹ നേരത്തെ ഫലഹേതുത്വം നിഷേധിച്ചു അത് വീണ്ടും പറഞ്ഞു അപ്പൊ പുനരുക്തി ദോഷമുണ്ടെന്നാണ് എന്തുകൊണ്ട് മാ ഫലേഷു കഥാചന ആ പറഞ്ഞിടത്ത് തന്നെ ഉണ്ട് ഇനി ഫലഹേതു ആകരുത് വീണ്ടും പറയുന്നു കർമ്മത്തിനും ഫലത്തിനും ഹേതുവാകരുത് ഇത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു അതിന് പറയുന്നു വ്യത്യാസമുണ്ട് ഭോജനാദിസാധ്യക്ഷു നിവൃത്തിയാദിഫലനിഷേധ തഥാ തദുപായഗസ്വാ നിവൃത്തെ ശരീരധാരണാതിയില പ്രഭാവപ്രസംഗീന ഉപായ അനുഷ്ഠാന സൈവ ലോഹ പറഞ്ഞു ഫലസ്യാപിത്വം അനുസന്ധേയം അതാണിപ്പോ ഈ ചോദിച്ച ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വന്നിരിക്കുകയാണ് ഫലത്തിന്റെ ഭാഗമാണ് പ്രവൃത്തിയുടെ ഭാഗമാണ് അതിന് സാധാരണ ഒരു ഉദാഹരണം എടുത്ത് ഭക്ഷണം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാവും ചുണ്വൃത്തി ഉണ്ടാവും ലിസപ്പ് മാറും ഇതൊരു ഫലമാണല്ലോ അപ്പോ ഫലത്തിലും നീ ഹേതുവാകരുത് എന്നാണ് ഇതെന്താ പ്രത്യേകിച്ച് പറയാൻ കൂ കാരണം ഫലമെന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ നിത്യം നൈമിത്യം കാമ്യം എന്ന് പറയുന്ന കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും വിശദീകരിച്ച് പറഞ്ഞു സർഗമാശും പുത്രനുമൊക്കെയാണ് അന്നേരം ചോദിച്ചല്ലോ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക കർമ്മം മാത്രമേ എടുക്കാവൂ അങ്ങനെയുള്ള സാധാരണ പ്രവർത്തികളെടുക്കാവൂ അപ്പൊ അവിടെ കർമ്മത്തിന് ഹേതുവാകാതിരിക്കുക ഫലത്തിന് ഹേതുവാകാതിരിക്കുക എന്നുള്ളതാണ് വിശദീകരിച്ചത് പറഞ്ഞത് ഈ സാധാരണ കർമ്മങ്ങളുണ്ടല്ലോ അതൊക്കെ വിധിച്ച കർമ്മങ്ങളാണ് ആ കർമ്മം അതിൻ്റെ ഫലം എന്നല്ല പറയുന്നത് വേദപ്രമാണത്തിലൂടെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇതങ്ങനെയല്ല നമ്മുടെ അനുഭവത്തിലുള്ള ലൗകികമായ കർമ്മങ്ങളാണ് അവിടെ അതാണ് ഫലസ്യാപി അതിനെക്കൂടെ എഴുതുന്നത് എങ്ങനെയുള്ള ഫലം നിവർത്തിയാതേ ഹേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും ഇവിടെ കർമ്മത്തെക്കുറിച്ചുള്ള പറയുന്നത് ഫലത്തെക്കുറിച്ച് അണേകം നമ്മൾ സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊക്കെ ഫലമുണ്ടാകുമല്ലോ ഈ ഫലത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല്ല അങ്ങനെ ഞാനിത് ചോദിക്കുന്നത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പൂജ കിട്ടുന്നു അടി കിട്ടുന്നു അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് അതിനെ മാറ്റിവെക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നു അതൊക്കെ കർമ്മത്തിനും ഫലത്തിനും കൃത്യമായ നിയമങ്ങളുണ്ട് അതനുസരിച്ച് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോ വിശപ്പോടെയാണ് ഭക്ഷണം കഴിച്ച വിശപ്പുമാർ അതുപോലെ തന്നെയാണ് നമ്മുടെ വാക്ക് നമുക്ക് പൂജയും നിന്ദിയൊക്കെ കിട്ടുന്നതെന്ന് എല്ലാം അങ്ങനെ തന്നെ കാരണം അത് പറയുന്നവനെ ആശ്രയിച്ച് മാത്രല്ല ഇരിക്കുന്നത് അവിടെ തന്റെ നിയന്ത്രണത്തിലല്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല കാര്യം പറയുന്നു കേൾക്കുന്നവൻ അത് അനിഷ്ടമായി തോന്നു കഴിഞ്ഞാൽ പറയുന്നവന്റെ മുറ്റവും കേൾക്കുന്നവനെ ആശ്രയിച്ചിരിക്കുക ഇവിടെ ഫലത്തെ കുറിച്ചാണ് പറയുന്നത് പറയുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ് അതിന്റെ ഫലം എന്ന് പറയുന്ന പറയുന്നവനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതാണ് അവനെ മാത്രം ആശ്രയിച്ചല്ല ഭക്ഷണത്തിനും അങ്ങനെ തന്നെയാണ് നമ്മള് ഭക്ഷണം കഴിക്കുന്നു ഈ വിശപ്പ് മാറുക എന്ന് പറയുന്നത് കഴിക്കുന്നവനെ മാത്രം ആശ്രയിച്ചല്ല നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി അതൊക്കെ അനുസരിച്ചാണ് വിശപ്പ് മാറുകയും മാറാതിരിക്കുകയും ചെയ്യുന്നത് ഞാൻ കഴിക്കുന്നു മാറിക്കണോ നിയമിക്കുന്നു മറ്റ് പലതിനെ ആശ്രയിച്ചായിരിക്കും കർമ്മ അതുകൊണ്ടാണ് പറയുന്നത് ഫലത്തിൽ നിനക്ക് അധികാരമില്ല കർമ്മത്തിലുള്ളതുപോലെ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ കഴിക്കുന്ന ഘട്ട സാധനമാണെങ്കിൽ വിശപ്പ് മാറുന്നതിന് പോലെ എനിക്ക് വയറ്റുള്ള വേദന വരും കർമ്മം ചെയ്യുന്നവനെ മാത്രം ആശ്രയിച്ചല്ല ഫലമായിരിക്കും നിരവധി ഘടകങ്ങളുണ്ട് അതാണ് ഫലത്തിൽ അധികാരമില്ല എന്ന് പറയാൻ കാരണം മനസ്സിലായി ഏത് പ്രവൃത്തിയിലും അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടമാണ് പറയുന്നതെങ്കിൽ ശരി അവിടെ പൂജ താൻ പറയുന്ന അനിഷ്ടമാണെങ്കിൽ നിണ്ടാവും അപ്പൊ തന്നെ മാത്രം ആശ്രയിച്ചല്ലായിരിക്കും കേൾക്കുന്നവന്റെ മനോനിലയും അവന്റെ താല്പര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് ഫലം വരുന്നത് അതാണ് വാചികമായ തപസ്സിനെ കുറിച്ച് രീതി പറയുന്നു എങ്ങനെ പറയണം അനുദ്ദേഹകരം വാക്യം ബാക്കി ബാക്കി സത്യം പ്രേരിതം ചെയ്യാൻ സദ്യ നിസരം ചെയ്യുക വാങ്ങുമയെന്തെന്നൊക്കെ പറയുന്നതാണ് പക്ഷെ അത് സാധിക്കുന്ന കാര്യമുണ്ട് പ്രായോഗികമായി നടക്കുന്ന കാര്യമുണ്ട് കാരണം സത്യം പറയും വേണം പ്രിയമായിരിക്കും വേണം അതെങ്ങനെ നടക്കും സത്യം പറയുക പ്രിയമായിരിക്കുക പറയാൻ പറ്റും കേൾക്കുന്നവന് പ്രിയമായിരിക്കണോന്നാണ് പറയുന്നവർക്ക് പ്രിയായപ്പോൾ അപ്പോ സത്യം പറയുമ്പോ ചെലപ്പോ അപ്രിയമാവും വെറുതെ കഞ്ചാവ് അടിക്കുന്നു അവനോട് പറയണത് കഞ്ചാവ് ദോഷമാണ് അസത്യമാണ് പറയുന്നത് നിന്റെ ബുദ്ധിയെ കേടാക്കും കഞ്ചാവ് അടിച്ചിരിക്കണമെന്നവനാണ് പറയണെങ്കിൽ അവൻ കത്തി എടുത്ത് കൊത്തും അവനെന്താണത് പ്രിയമല്ല സത്യം പ്രിയമായി കൊള്ളണമെന്നൊരു നിയമവും ലോകത്തില്ല ഞാൻ പറയുന്നത് എന്താണ് സത്യമാണ് കഞ്ചാവ് ഉപയോഗിക്കരുത് പക്ഷെ അവനിൽ നിന്ന് കിട്ടിയെന്താണ് അപ്പൊ അതിന് ഞാനാണോ ഉത്തരവാദി ഫലത്തെ സംബന്ധിച്ചതാണ് അധികാരമില്ലെന്ന് പറയുന്നത് എനിക്ക് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം പക്ഷെ പറയുമ്പോ അതിന്റെ ഫലം എന്ന് പറയുന്നത് പറയുന്നവനെ ആശ്രയിച്ചത് എല്ലാ പ്രവൃത്തികൾക്കും അങ്ങനെ അതുകൊണ്ടാണ് ന്യായംവാ വിപരീതം വഞ്ചേതേ തസേ ഇന്ന് പല ഹേതുക്കളുണ്ട് കർമ്മവും ഫലത്തെയും ബന്ധിപ്പിക്കുന്നതിന് പല ഹേതുക്കളുണ്ട് പിന്നെ ചെയ്യുന്ന കർമ്മത്തിൽ അതും ഇവിടെ പറയുന്ന എന്താണ് കർമ്മം ചെയ്യാതിരിക്കുകയല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അത് മാറ്റം ഒന്നും ഞാൻ ചെയ്യുന്നു പക്ഷെ ഇത്രയും ചെയ്യാൻ പറ്റും എന്താണ് കർത്താവല്ല എന്ന് ചിന്തിക്കാം അത്രേയുള്ളൂ ഞാൻ കർത്താവ് അല്ലാതാകുന്നില്ല ചിന്തിക്കുക ഞാൻ ചെയ്യുകയാണോ അവിടെ ഞാൻ ചെയ്തിട്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നതിൽ ഉണ്ടാകുന്ന ഫലം അത്രയേ ഉള്ളൂ മാനസികമായ ഒരു ചിന്ത അത്രേ പറ്റും അത് ഫലം അതല്ല അതുകൊണ്ടന്നെ ഈ ഇതിന്റെ പ്രാധാന്യം ഫലത്തില് അധികാരം ഇല്ലാന്ന് പറഞ്ഞ ഫലത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല എന്നുവെച്ചാ കൂടുതലും എന്താന്ന് പറയും ചില സമയത്ത് ചില ഇതൊക്കെ സംഭവിച്ചെന്നിരിക്കും പക്ഷെ അതിന്റെ തന്റെ നിയന്ത്രണത്തിലല്ല അത് എങ്ങനെയാണ് ഫലം എന്ന് പറയുന്നത് കർത്താവിന്റെ നിയന്ത്രണത്തിലല്ല അതിന് പല ഘടകങ്ങളും കാരണം കർമ്മം ചെയ്യുന്നു ഫലം ഉണ്ടാവണമെന്ന് ഉണ്ടായാൽ തന്നെ പറയുന്നേ അധിഷ്ഠാനം തഥാ കർത്ത കർണഞ്ചംഗം ദൈവതാശ് പ്രതംഗി ചേഷ്ടൈവാത്ര പഞ്ചമം അങ്ങനെ കർമ്മം പൂർത്തിയാവണോന്നു ഇവിടെ പറയുന്നത് ദൈവം ഈശ്വരനും കൂടെ ആണോന്നാണ് ദൈവത്തെ കൂടാതെ ഈശ്വരനെ കൂടാതെ കർമ്മം പൂർത്തിയാകത്തില്ല എന്തുകൊണ്ട് ബ്രാഹ്മ്യൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ ഗീതയുടെ സിദ്ധാന്തമാണ് അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈശ്വരനാണ് ഈശ്വരനും ഉണ്ട് അവിടെ പങ്ക് സർവകർമ്മങ്ങൾക്ക് ശിഷ്ടകർമ്മമോ ദുഷ്ടകർമ്മമോ എന്നുള്ള അങ്ങനെ ഒരു വേർതിരില്ല സർവകർമ്മങ്ങൾ അതാണ് പറഞ്ഞത് വിജയസു ദുരാചാരോ ഭജദേണി കർമാണി സന്യസി അധ്യാത്മ ചേത എന്നൊക്കെ പറയുന്നിടത്ത് എന്താണ് സർവകർമ്മങ്ങളെയും പറയുകയാണ് സർവകർമ്മങ്ങൾക്കും അവിടെ ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് വാമയൻ ബ്രാമേൺ സർവഭൂതാനി ഇന്ദ്രാരൂഢാനി മഹമാത്മാ ഗുഡാകേശ് സർവഭൂതാശേഷിച്ചത് എന്നൊക്കെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്താണ് താൻ ഇതല്ല എന്ന് ചിന്തിക്കുക കർമ്മഫലം എന്ന് പറയുന്നത് തന്റെ നിയന്ത്രണത്തിലല്ല അനുകൂലമായി വരാം ചിലപ്പോ പൂമാല കിട്ടാം ചിലപ്പോ കല്ലേറ് കിട്ടാം അതൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് കർമ്മം എന്ന് പറയുന്നത് തന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല കർമ്മലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് മുസ്ജീദു കർമ്മ ചെയ്തത് ഞാൻ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലോകം നശിക്കും എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്റെ കർമ്മങ്ങൾ ലോകത്തെ മുഴുവൻ ബാധിക്കണം ലോകത്തിൽ മുഴുവൻ ബാധവാണ് അപ്പൊ ഒരു മനുഷ്യന്റെ കർമ്മം വേറെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് തന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ആ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് അന്യന്റെ പ്രതികരണമാണെങ്കിൽ അത് അവന്റെ മാനസിക നില അനുസരിച്ചിട്ടാണ് ഞാൻ വിശുദ്ധമായ കർമ്മമാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് പരമാവധി നമുക്ക് നമുക്ക് ശ്രമിക്കാമെന്നുള്ള എന്താണോ തന്റെ സത്യവും തന്റെ പ്രിയവും അതേ പറ്റും പക്ഷെ അന്യന്റെ പ്രിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അകത്തും അന്യന് പ്രിയവും സത്യവും പറയുന്നത് നടക്കുന്ന കാര്യം അതുകൊണ്ടാണ് നമ്മൾ എത്ര സൂക്ഷിച്ചു കർമ്മം വലിയ വിശാലമായ മനസ്സോടുകൂടി കർമ്മം ചെയ്താണ് വലിയ മഹാത്മാ എന്ന് പറയുന്നു വിശാലമായ മനസ്സോട്വരാണ് അങ്ങനെ പ്രവർത്തിച്ചാലും ശരി ലോകത്തെ മുഴുവൻ നന്നാക്കണമെന്ന് ആഗ്രഹിച്ചു പ്രവർത്തിച്ചാലും ശരി അവർക്ക് ശത്രുക്കളും ഉണ്ട് മിത്രങ്ങളുമുണ്ട് അപ്പോ മിത്രം മാത്രമുള്ള ഒരു ദൈവം അങ്ങനെയുണ്ട് ഒരു മനുഷ്യരുണ്ട് അതെന്തുകൊണ്ടും നടക്കുന്നില്ല അങ്ങനെയാണ് കർമ്മവും ഫലത്തെയും സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ നിയമങ്ങൾ അങ്ങനെയാണ് ഇവിടെ കർമ്മത്തിനും ഹേതുവാകരുത് ഫലത്തിനും ഹേതുവാകരുത് വീണ്ടും ഫലത്തിന് ഹേതുവാകരുന്ന് ഒന്നുകൂടെ ആവർത്തിച്ചു പറഞ്ഞതിന്റെ പ്രയോജനം ആദ്യം ഫലത്തിന് ഹേതുവാകരുതെന്ന് പറഞ്ഞുകൊണ്ട് നിത്യം നൈമിത്തികം കാമിൻ തുടങ്ങിയ കർമ്മഫലങ്ങൾക്ക് ഹേതുവാകരുതെന്ന് നടത്തണം രണ്ടാമത് ഫലത്തിന് ഏതു ആകരുതെന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യകർമ്മ കർമ്മഫലങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാൽ പശുപ്പ് മാറും ഇത്തരം കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് രാഗരാഹിത്യം രാഗമില്ലാതിരിക്കുക സംഘമില്ലാതിരിക്കുക അത്രയും സാധിക്കും അതിനപ്പുറം സാധിക്കില്ല അതൊരു മാനസിക നിലയെ തന്റെ ഒരു മാനസിക നിലയെ വളർത്തിയെടുക്കുക അതിനെ സംരക്ഷിക്കുക ആത്യന്തികമായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത് തന്നെയാണ് എന്റെ മാനസിക നില ആത്മാവിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല മാനസിക സംഘർഷത്തെ കുറയ്ക്കുക കാരണം കർമ്മങ്ങളുടെ ഫലമാണെപ്പോഴും നമുക്ക് തിരിച്ചടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രതികൂലമായ വലിയ തിരിച്ചടിയായി മനസ്സിന് വലിയ സംഘർഷത്തെ ഉണ്ടാകും ഞാനിത് ഉദ്ദേശിച്ചല്ലല്ലോ നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണ് അവനൊന്നും ഉദ്ദേശിക്കാൻ പോകുന്നത് അവനെന്ത് ചെയ്തു തെറ്റായി തരികയും എന്നെ തിരിച്ച് ആക്രമിക്കുകയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ കളിക്കുന്നു ഈ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് മനസ്സിന്റെ സംഘർഷമില്ലാതെ ഇരിക്കണമെന്ന് ഇതൊരു നല്ല ഉപദേശമില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഗീതന്റെ ഏറ്റവും നല്ല ഉപദേശമാണത് കർമ്മഫലങ്ങളോട് എന്റെ നിലപാട് ഇപ്പോൾ ഇവിടെ രാമാനുചാചാര്യോട് വളരെ സൂക്ഷ്മമായിട്ട് വൈദികമായ കർമ്മങ്ങളെയും അതോടൊപ്പം അത് മുഖ്യമാണെങ്കിലും ഗീതയിലും കാരണം മുമ്പ് പറഞ്ഞതിനെ കുറിച്ച് ആണല്ലോ ഭേദവാദരതാഹ എന്നൊക്കെ പറഞ്ഞു നമ്മള് സാധാരണ കർമ്മങ്ങൾ ലൗകികർമ്മങ്ങൾ നിത്യകർമ്മങ്ങളിലും അതേ ഒരു കർമ്മഫലങ്ങളോട് സങ്കരാഹിത്യം അതാണ് വേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞത് ഫലസ്യാവി നിവർത്തിയാതീർ ആ ഫലത്തെ കൂടെ എടുക്കും ലൗകികർമ്മങ്ങൾ തൂം ഹേതു നീ ഹേതു എന്ന് അനുസന്ധേയെന്നാണ് ചിന്തിക്കുക എന്നാണ് മനസ്സിനങ്ങനെ കരുതാനേ പറ്റും ഫലം തന്നെ മാനസികമായി ബാധിക്കാതിരിക്കുക ഇപ്പോ ഭക്ഷണം കഴിച്ചു കേടായ ഭക്ഷണമാണ് കഴിക്കുകയാണെങ്കിൽ ശരീരത്തെ ബാധിക്കും അസ്വസ്ഥതയുണ്ടാകും വിഷമാണെങ്കിൽ ചത്തു എല്ലാം സംഭവിക്കാം പക്ഷെ മനസ്സിന് സംഘർഷം ഉണ്ടാകാതിരിക്കുക മനസ്സിനെ ബാധിക്കാതിരിക്കുക എത്ര കഴിയുമോ അത്ര അതാണ് ഇവിടെ പറയുന്നതിന്റെ കാര്യങ്ങളും ഇവിടെ വേറെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് രാമാനുജാചാര്യകളുടെ മഹത്വം അത് ഇതിൽ